േറ്റുമുട്ടുന്നത് ബാഹ്യമായി പ്രപഞ്ചം ഉള്ളത് തന്നെയാണ് എന്ന് സ്വീകരിച്ചിട്ടാണ് അതിന് നിരാകരിക്കാൻ പോകുന്നത് അതുണ്ട് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുള്ളത് ഞാനുള്ളത് ഈ മുറിയുള്ളത് അതുകൊണ്ട് അബദ്ധ പഞ്ചാംഗങ്ങളായ ചോദ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇടയിൽ ചോദിക്കരുത് തടയാനും കൂടിയാണ് ഇത് പറയുന്നത് ഇതില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്വാമി സ്വാമി ഒരു ഇതേലല്ലേ കയറിയിരിക്കുന്നത് ശൂന്യത്തിലല്ലോ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് കസേരയിലല്ലേ ഇതില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇരിക്കും ഇത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കൊണ്ടുത്തരുന്ന ചായ ഉള്ളതുകൊണ്ടല്ലേ കുടിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ മാത്രമുള്ള തരത്തിലേക്ക് താണു നിൽക്കുമ്പോൾ ഇത് പഠിക്കരുത് ആ മര്യാദ പാലിക്കണം അങ്ങനെയുള്ളവരെ പഠിപ്പിക്കരുത് അവർ വിദ്യയ്ക്ക് അധികാരിയല്ല അവരെ പിടിച്ച് മൊട്ടായി വാങ്ങിച്ചു കൊടുത്ത് ഉച്ചയ്ക്ക് ചോറിന് കരിമീനും പൊരിച്ചു കൊടുത്ത് അവരെയൊക്കെ വേദാന്തം പഠിപ്പിച്ചാൽ വേദാന്തമാണ് അസ്ഥിരമാകുന്നത് അവരല്ല വിദ്യധികാരി ഭേദം അത്യന്തം സത്യമാണ് അതുകൊണ്ട് അങ്ങനത്തെ സംശയത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ ദയവി ചെയ്ത് മറ്റുവല്ല പണിയും സേവയുമൊക്കെ ചെയ്ത് ആധ്യാത്മികതയ്ക്ക് അരിവറ്റി നിൽക്കുക പഠിക്കരുത് ജന്മങ്ങളിനി ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട അന്ന് നമുക്ക് ആലോചിക്കാം ഇന്ന് അതിന് സമയമായിട്ടില്ല പക്ഷെ എന്നോർത്ത് പഠിപ്പിക്കുന്നവർ പറയുന്നതാണ് ശരിയെന്ന് ഇപ്പം വിശ്വസിക്കണ്ട ഇപ്പം നിങ്ങൾ പറയുന്നതാണ് ശരി അത് തന്നെയാണ് സത്യം ആ ഭൗതിക ലോകം ഉള്ളതാണെന്ന് വിചാരിച്ച് തന്നെ അനുഭവിക്കുക ശങ്കയില്ലാതെ അതിലാവോളം ഓങ്ങുക യാതൊരു ശങ്ക ഈ വേണ്ട ഉള്ളത് ഈ ലോകം ഈ ലോകമേ ഉള്ളൂ ആധ്യാത്മികതയൊന്നുമില്ല ഇത് മണ്ണാൻ കെട്ടാൻ മാറ്റരുതാ വിശ്വാസം മാറുമ്പോ മാറട്ടെ നിങ്ങളായിട്ട് മാറ്റണ്ട ശങ്ക വരുമ്പോ ഇനി വരിക അപ്പൊ നമുക്ക് ആലോചിക്കാം ക്ലിയറായി നിൽക്കുന്നു ആ ഭാഗം ക്ലിയറായി വിചാരിക്കുന്നു ആ ഭാഗം കാരണം ഇനി ശങ്ക കൂടി ഞാൻ തരേണ്ട ആവശ്യമില്ല അപ്പം മൂന്ന് പദ്യങ്ങളിൽ ഗുരുദേവൻ ബാഹ്യാർത്ഥവാദത്തെ ഉറപ്പിച്ച് പ്രപഞ്ചവ്യവഹാരം അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ മിഥ്യാത്വം സിദ്ധിക്കുന്നതിനുള്ള ഉപപത്തി ഭംഗ്യന്തരേണ ചൂണ്ടിക്കാണിക്കുന്നു ആ മൂന്ന് പദ്യം ഏതാണ്ട് തീരുവന്ന് വിചാരിക്കാം അത് കൂടുതൽ തീരുവന്ന് വിചാരിക്കരുത് മുഴുവൻ തീർക്കാനും അതിനെ ഗുരുദേവൻ ശ്രുതി യുക്തി അനുഭവം ഇവ മൂന്നും കൂട്ടുപിടിക്കുന്നു അതുകൊണ്ടാണ് ഇത് പ്രകരണഗ്രന്ഥമാണെന്ന് പറഞ്ഞു അദ്വൈത മര്യാദയിൽ ഗുരുദേവൻ ഈ പ്രകരണഗ്രന്ഥത്തിൽ ആദ്യം ശ്രുതിയെയും യുക്തിയെയും അനുഭവത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് വ്യവഹാര സമർത്ഥമെന്ന് ഉറപ്പിച്ച പ്രപഞ്ചം മിഥ്യയാണെന്ന് സ്ഥാപിക്കുന്നു പ്രപഞ്ചം വ്യവഹാര ഗുരുദേവൻ എങ്ങും പറഞ്ഞില്ല ശങ്കരനും പറഞ്ഞില്ല വ്യവഹാര സമർത്ഥമായ ഈ പ്രപഞ്ചം അനുഭവം കൊണ്ട് വിദ്യയാണെന്ന് ബോധ്യപ്പെടുക അതിനു വേണ്ട യുക്തികളുണ്ടായിരിക്കുക അത് സ്രൗതമായിരിക്കുക ഈ മൂന്ന് മര്യാദകളും ഇതിൽ കാണുന്നു അവ മൂന്നും ഒത്തുചേരുന്നു ളമായ ഈ പ്രപഞ്ചം കയറിൽ പാമ്പെന്ന പോലെ സ്വപ്നത്തിൽ കണ്ട വിഷയങ്ങൾ പോലെ അനിർവചനീയമായ മിഥ്യയാണെന്ന് ഗുരു സമർപ്പിക്കുന്നു അതും കൃതിയുടെ പ്രത്യേകതയാണ് ഈ മൂന്ന് ശ്ലോകങ്ങളിൽ പ്രത്യേകിച്ചു തൈലധാര പോലെ पदंजल व्यास भाष्यम के गंभीर वर्णची सीर्घकाल नैरंदर सत्कारा दृढ़ूमि യോഗാവസ്ഥയിൽ ദൃഢഭൂമിയിലെത്തുന്നത് നിരന്തരഭ്യാസം കൊണ്ടാണ് അവിടെ തൈലധാര പോലെ നിരന്തരഭ്യാസം കൊണ്ട് ദൃഷ്ടാദൃഷ്ടപ്രതിബന്ധങ്ങളില്ലാത്ത മഹാവാക്യശ്രവണം കൊണ്ട് നൈരന്തര്യത്തിൽ ഇത് ബോധ്യപ്പെടണമെങ്കിൽ മഹാവാക്യശ്രവണം വേണം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ അനുഭവജ്ഞാനമുള്ള ആചാര്യന്റെ അനുഭവങ്ങളോടൊപ്പം അല്പം പോലും വാസനാസ്പർശമില്ലാതെ മഹാവാക്യത്തെ ദൃഷ്ടവും അദൃഷ്ടവുമായ പ്രതിബന്ധങ്ങളില്ലാത്ത ഒരു സമയത്ത് ശിഷ്യൻ ശ്രവിച്ചാൽ ഈ ബോധം കിട്ടും പ്രപഞ്ചം മിഥ്യയാണെന്ന് ഇതാണ് അതിൻ്റെ വഴി ഒന്നതിനെ പറ്റിയ ഗുരുവിനെ കണ്ടുപിടിക്കണം ഓടി നടന്നതുകൊണ്ട് കാര്യമില്ല കിട്ടണം രണ്ട് ഗുരുവിനെ കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ദൃഷ്ടവും അദൃഷ്ടവുമായ പ്രതിബന്ധങ്ങൾ നഷ്ടപ്പെട്ട മുഹൂർത്തത്തിലായിരിക്കണം ശ്രവണം ചെയ്യുന്നു ഗുരു റെഡിയാണ് എവിടെയെങ്കിലും മഹാവാക്യം ഉപദേശിച്ച് തരാൻ റെഡിയാണ് ശ്രോത്രിയനാണ് ബ്രഹ്മനിഷ്ഠനാണ് ഒക്കെയാണ് പക്ഷെ നമ്മുടെ പ്രതിബന്ധങ്ങൾ സമുജ്വലങ്ങളായി നിൽക്കുമ്പോൾ പോയി കേട്ടാൽ കുഞ്ചര ശൗചം പോലെ ആവശ്യം സോളമാണ് കൊണ്ടിതൊക്കെയാണ് അതിൻ്റെ വഴി അത് ഭംഗ്യം തരേണ ഈ കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് മഹാവാക്യശ്രവണത്തിൻ്റെ മര്യാദാമസൃണങ്ങളായ പാരമ്പര്യ സമ്പത്ത് ഗുരുദേവൻ അർത്ഥശങ്കയില്ലാതെ ഈ കൃതിയിൽ നമ്മൾ നമ്മോട് പറയുന്നുണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്ന അദ്വൈത ഉറപ്പും ഗുരുദേവൻ ഈ കൃതിയിൽ ऐति पढ़ चांोग्य उपनिष आराम की। नालाम अध्याय प्रमाण नाला पद्य नाल आत्मबोधम प्रकाशित सिद्धाय വൃത്തിജ്ഞാനമുണ്ടാകുന്നതുകൊണ്ട് മാത്രമേ അപരോക്ഷാനുഭവവും പ്രയോജനവും ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ കൃതി നമ്മോട് സമർത്ഥിക്കും ശാന്തൂകൃം ഗുരുദേവന് വളരെ ഇഷ്ടപ്പെട്ട ഉപനിഷത്താണെന്ന് തോന്നുന്നു മറ്റു പല കൃതികളിലും ശാന്തൂകൃത്തിൻ്റെ മിന്നലാട്ടമുണ്ട് പാരമ്പര്യ സംവിത്തായ ശങ്കരനും ഒട്ടുവളരെ ഇടങ്ങളിൽ ഉപജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യത്താണ് ഛാന്തൂക്യം ഒരുപക്ഷെ സാമവേദാന്തർഗതമെന്ന പ്രശസ്തിയും അതിന് കാരണമായേക്കാം സാമ്പ്രദായിക സന്യാസത്തിൻ്റെ അനുസ്യൂതയ്ക്ക് മുമ്പിൽ അവാച്യമധുരമായി നിൽക്കുന്ന ഗുരുശിഷ്യ പാരസ്പര്യം തത്വമസിയിലൂടെ അനവധി സുന്ദരമായി പ്രവഹിക്കുന്നതും ശാന്തോകൃത്തിന്റെ ശാന്വല ഭൂമിയിലാണ് അതും ഒരുപക്ഷേ കാരണമാകാം അതുകൊണ്ട് കൃതിക്ക് ശാന്തോക്യവുമായുള്ള ബന്ധം അതീവ മധുരമാണ് ചാന്തോക്യത്തിലെ ത്രിവൃത്കരണത്തെ ഗുരുദേവൻ ഇവിടെ ഉപജീവിച്ചുവോ എന്നും സംശയം തോന്നുന്ന രംഗമുണ്ട് അഞ്ചാമത്തെ പദ്യം മുതൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗുരുദേവകൃതിയിലെ അഞ്ചാമത്തെ പദ്യം മുതൽ ചന്തയല്ല പന്ത്രണ്ടാമത്തെ പദ്യം വരെ ജീവൻ മുക്തനെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ പദ്യത്തിൽ അനുഭവിയായവനിൽ യാതൊരു ഭേദവും ഉണ്ടാവില്ല എന്നുറപ്പിക്കുന്നു അനുഭവം വന്നിട്ടുള്ളവന് അല്പം പോലും ഭേദബുദ്ധിയുണ്ടാവില്ല എന്ന് ഗുരുദേവൻ ഇതിൽ നന്നായി അവതരിപ്പിക്കുന്നു അതും ഈ കൃതിയുടെ പ്രത്യേകതയാണ് വീണ്ടും തുടർന്നുള്ള പദ്യങ്ങളിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് പദ്യമാണുള്ളത് അല്ലെ അവയിൽ പൂർണാനന്ദവിശിഷ്ടമായ വൃത്തിജ്ഞാനത്തിന്റെ ഫലം പ്രയോജനം വർണ്ണിക്കുന്നു അന്തരംഗ സാധന ബ്രഹ്മവിദ്യാശ്രവണമാണ് എന്ന് പ്രതിപാദിച്ചുകൊണ്ട് കൃതി അവസാനിക്കുന്നു ഇനി വേണമെങ്കിൽ എനിക്ക് നിർത്താം നിങ്ങൾക്കൊരുമാതിരി മനസ്സിലാകാവുന്നവർ പ്രക്രിയ നന്നായി അറിയാവുന്നവർ ഇനിപ്പോയി ഈ ലിംഗങ്ങളെ വെച്ചുകൊണ്ട് കൃതി വായിച്ചു പഠിച്ചാൽ മതി പ്രക്രിയ നന്നായി നിങ്ങൾക്കറിയുമെങ്കിൽ ഇല്ലെങ്കിൽ ബാക്കി ഭാഗവും കൂടെ ശ്രവണം ചെയ്തുകൊള്ളുക നിങ്ങളുടെ ഇഷ്ടം കാരണം ആർക്കെങ്കിലും പ്രക്രിയ നന്നായി അറിയാവുന്നവർ വെറുതെ സമയം കളയേണ്ട മറ്റുമല്ലോ ശ്രവണം ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകുന്നതിന് എനിക്ക് വിരോധമില്ല എന്നുള്ളത് ഞാൻ സംക്ഷിപ്തമായി കൃതിയെ നോക്കിക്കണ്ടത് അദ്വൈതമാകുന്ന ദീപിക ദീപിക പ്രകാശിക ദ്വൈതം ദ്വിധാ ഇതം ദ്വിധ ഇതം ദ്വീതം അനേക അർത്ഥങ്ങളുള്ളത് ദ്വൈതം ദ്വീതം ദ്വിധാ ഇതം എന്നൊക്കെ പിരിക്കാം അതിനർത്ഥം വരുമ്പോൾ അനേക അർത്ഥങ്ങളുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് പലതായി കാണുന്നത് ഇന്ദ്രിയങ്ങൾക്ക് പല വിധത്തിൽ വിഷയമായി തീരുന്നത് ദ്വൈതം ആ ദ്വൈത ശബ്ദത്തിൽ നിന്ന് ദ്വൈത ശബ്ദം വരുമ്പോ അനേക അർത്ഥങ്ങൾ ഉള്ളതാണ് ദ്വൈതമെന്ന് നമ്മൾ പറഞ്ഞു അതില് ദ്വൈത ശബ്ദത്തിൽ നഞ്ഞ് സമാസമുണ്ടായാൽ ന ദ്വൈതം എന്നുവരും അപ്പോഴ് അദ്വൈതം രണ്ടില്ലാത്തത് രണ്ടാമത് ഒന്നില്ലാത്തത് ന വിദ്യ ദ്വൈതം യസ്മിൻ തദ് അദ്വൈതം ന വിദ്യതേ ന പ്രകാശതേ ദ്വൈതം യസ്മിൻ തദ് അദ്വൈതം ണത്തിൽ അനേകം പ്രകാരത്തിൻ്റെ അഭാവം കാണുന്നുവോ അഥവാ അഭാവപ്രകരണമാണ് അദ്വൈതം ഇനി നമുക്ക് കൃതിയിലേക്ക് പ്രവേശിക്കാം ശ്ലോകം നോക്കാം പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിൽ ആരാലും വിഷയമായിരമം പ്രപഞ്ചം ഓരായിൽ നേരിതുവിനാവുക നേണർന്നവ നാമ ശേഷം പേര് ആയിരം ആയിരം നാമങ്ങൾ ആയിരം പ്രതിഭകൾ ആയിരം എന്നത് എണ്ണിയാൽ ഉടുങ്ങാത്ത എന്നുള്ള അർത്ഥത്തിലാണ് അനന്തം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതാണ് ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന ആയിരം അല്ല കവി പ്രയോഗിക്കുന്ന ആയിരമാണ് ക്രാന്തദർശിയായ ആചാര്യൻ ആയിരം എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണിത്തീരാനാവാത്ത പേരുകൾ പഠിക്കും തോറും പഠിക്കും തോറും പുതുതായി പുതുതായി പൊട്ടിവരുന്ന വാസനയ്ക്കനുസരിച്ച് പൊട്ടിവരുന്ന പേരുകൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനുണ്ടാകുന്ന പേരുകൾ സർജന പ്രക്രിയ സർഗശക്തി എത്രയുണ്ടോ അത്രയും പേര് അങ്ങനെ ഉണ്ടാകുന്നതിന് ഭാരതീയ കല എന്നാണ് മാറ്റമില്ലാതുള്ളതിനെ ശാസ്ത്രമെന്ന് ഭാരതീയർ വിളിച്ചു അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റമുള്ള ദൃശ്യപ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും കല മാത്രമാണ് അത് ഊർജ്ജതന്ത്രമായാലും രസതന്ത്രമായാലും ഗണിതശാസ്ത്രമായാലും വൈദ്യശാസ്ത്രമായാലും അതൊരു കലയാണ് ശാസ്ത്രമല്ല ശാസ്ത്രമെന്നത് മാറ്റമില്ലാത്ത ദൃക്കിനെ സംബന്ധിക്കുന്ന പഠനം മാത്രമാണ് പാശ്ചാത്യരാകട്ടെ ഭാവനാപ്രധാനമായ ങ്ങളെയും അനുഭവ അനുഭവവിശേഷങ്ങളെയും ദൃശ്യത്തിൽ കാണുന്നതിന് രണ്ടായി പിരിച്ച് സങ്കൽപ്പനങ്ങളുടെയും ഭാവനകളുടെയും ലോകം കലയെന്നും അനുഭവപ്രധാനമെന്ന് പറയാകുന്ന വർഷാദി അനുഭവങ്ങളുടെ ലോകം ശാസ്ത്രമെന്നും നിർവഹിച്ചു ശാസ്ത്രം എന്നത് അവർ സയൻസെന്നും മറ്റത് ആർട്ടെന്നും പറഞ്ഞു അവരതിനെ വേറൊരു തരത്തിൽ നിർവഹിച്ചു ആർട്ട് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വി പുട്ട് അൻ അഗ്ലി ഡിസ് ഓർഡർ ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഓർഡർ ശാസ്ത്രത്തെയും സയൻസിനെയും അവർ നിർവഹിച്ചു സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദി കാൽക്കുലബിൾസ് മൊഴിമാറ്റം ചെയ്ത് നിങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ അവരുടെ സയൻസ് നിങ്ങൾക്ക് ശാസ്ത്രമായി പ്രാചീന കാലത്ത് മാറ്റമില്ലാതിരിക്കുന്ന ദൃക്കിനെ പറയുന്ന ശാസ്ത്രം ഇതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പിന്നീട് വന്ന ആധ്യാത്മികവാദികൾ ആധുനിക ശാസ്ത്രത്തെ പൗരാണികമായ ഭാരതീയ ദർശന ശാസ്ത്രത്തോട് സമാനമാക്കി വർണ്ണിക്കാനും അതോടുകൂടി ഭാരതീയ ശാസ്ത്രഗതീയതയ്ക്ക് വന്നുപോയ അപക്ഷയത്തിന്റെ യുഗമാണ് ഇത് അതുകൊണ്ട് വേറെ തിരിച്ച് മനസ്സിലാക്കി വേണം ഈ ക്ലാസ്സിൽ കേൾക്കാൻ കലാകാരനും ശാസ്ത്രകാരനും തമ്മിൽ ഭേദമൊന്നുമില്ല രണ്ടുപേരും കൈകാര്യം ചെയ്യുന്നത് ദൃശ്യത്തെയാണ് ദൃശ്യത്തിന് മേലുള്ള രണ്ടുപേരുടെയും സങ്കല്പനങ്ങളാണ് അവർ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുവന്റെ സങ്കല്പനം മറ്റൊരുവൻ ചോദ്യം ചെയ്യുന്നതുവരെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ കലയിലായാലും ആധുനിക രീതി ശാസ്ത്രത്തിലായാലും വേഷഭൂഷകളും ഉപകരണങ്ങളും ഭാഷാപാഠവവും വിശ്വാസവുമാണ് കലയിലും ധുനിക കലയിലും ആധുനിക ശാസ്ത്രത്തിലും പൗരാണിക കലയിൽ മുക്തമായും ആധാരം വ്യത്യാസമൊന്നുമില്ല പണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു മന്ത്രവടിയുമൊക്കെയായി നല്ല മുണ്ടുടുത്ത് നേരിയത് തോളത്തിട്ട് നെറ്റിയിൽ ഭസ്മചന്ദനാദികളൊക്കെ അണിഞ്ഞ് ഒന്ന് കണ്ണുമുകളിലേക്കാക്കി കയ്യിലുള്ള ഉപകരണങ്ങളിൽ ചിലതെല്ലാം എടുത്തുവച്ച് അവയിലൊക്കെ വെള്ളം തെളിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തതും അയാൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതും നിങ്ങൾക്കതിൽ നിന്ന് പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നതുമായൊരു പ്രക്രിയ കാണിക്കുന്നതാണ് ഗൂഢപത്രാതി സകല പണികളും അതുപോലെ കുറെ ഉപകരണങ്ങളും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങൾക്ക് പ്രയോജനമായി വിശ്വസിച്ച് ചെല്ലുന്നത് തന്നെയാണ് ഇന്നുള്ള വൈദ്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ആധുനിക ശാസ്ത്രങ്ങളും രണ്ടുപേരുടെയും ഉപകരണങ്ങൾ നിങ്ങൾക്ക് അജ്ഞാതമാണ് രണ്ടുപേരുടെയും ഭാഷ നിങ്ങൾക്ക് അജ്ഞാതമാണ് രണ്ടുപേരുടെയും വൃത്തികൾ നിങ്ങൾക്ക് അജ്ഞാതമാണ് രണ്ടു പേരുടെയും നിങ്ങൾക്ക് വിശ്വാസമുള്ള കാലത്തിൽ ഇവർ നിങ്ങളുടെ രക്ഷകനാണെന്ന ബോധവുമുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്റെ ഉപമ ഏ ഏ ശരിയാണോ ആണെങ്കിലേ സമ്മതിക്കാം ഇങ്ങനെയാണ് എല്ലാ കാലവും കളിക്കുന്നത് രണ്ടും തൊഴിലും വരുമാനമാർഗവും മാത്രവുമാണ് ഏത് നിലയിൽ ബോധമതല്ല അതുകൊണ്ട് അതിനോട് ഉപമിച്ചൊന്നും ഈ കാര്യം പഠിക്കരുത് ഗുരുദേവൻ ഇത് ആരംഭിക്കുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിന് നമ്മുടെ വാസനക്കനുസരിച്ച് നാം കൊടുക്കുന്ന പേരുകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് ഒരു പേരിന് ഒരായിരം പ്രതിഭ വേറെയുണ്ട് അപ്പൊ പ്രതിഭ പേരിനേക്കാൾ സൂക്ഷ്മവും കൂടുതലുമാണ് ദാ എന്നൊരക്ഷരമേ പ്രജാപതി പറഞ്ഞുള്ളൂ മനുഷ്യൻ കേട്ടപ്പോൾ ദാ ദാനമായി അസുരൻ കേട്ടപ്പോൾ ദയധമായി ദേവൻ കേട്ടപ്പോൾ എന്നിങ്ങനെ മാറ്റം വന്നു ഓരോരുത്തരിലുമുള്ള പ്രതിഭ ഇപ്പൊ തന്നെ ഇവിടുന്ന് ക്ലാസ് കേട്ടിട്ട് പോയി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഒരാളോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് നിങ്ങളുടെ പ്രതിഭ വർണ്ണിച്ചൊക്കെ കഴിയുമ്പോൾ മറ്റേയാളിനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ചിത്രം ഒരുപോലെ ഇരിക്കോ ഇരിക്കോ ഇല്ല അപ്പൊ എത്രയാണ് പ്രപഞ്ചം അത്ഭുതമാകുന്നത് നാമത്തിലും പ്രതിഭയിലുമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകൾ എണ്ണിത്തീരാനാക്കാത്ത സങ്കൽപ്പനങ്ങൾ ഈ പേരുകളോടും പ്രതിഭകളോടും ചേർന്നിരിക്കുന്ന വിധത്തിൽ ആരാലോ ചേർത്തുവച്ച അനിർവചനീയമെന്നതുകൊണ്ടാണ് ആരാലിഴും ആദ്യ തേടിപ്പോയാൽ അത് നിർവചിക്കാൻ പറ്റാത്തതായിത്തീരുന്നു അനിർവചനീയമായ അനാദിമായയാ അവിടെ അനാദി എന്ന ശബ്ദം ബ്രഹ്മത്തിൻ്റെ അനാദി ശബ്ദമല്ല ബ്രഹ്മം അനാദിയാണ് എന്ന് പറഞ്ഞാൽ ആദിമ്യാന്തങ്ങളില്ലാത്തതാണെന്നാണ് ാണ് മായ അനാദിയാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചേർത്തെ അനാദിയല്ല ആദിയേ ഇല്ലാത്തതാണെന്നാണ് ഇതുവരെ അതുകൊണ്ടാണ് ഈ പ്രക്രിയ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കൊളോ മനസ്സിലായില്ല ബ്രഹ്മവും മായയും അനാദിയാണെന്ന് ആചാര്യൻ പഠിപ്പിക്കും പിന്നെ തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പോവുകയും ചെയ്യും ഒന്നാമത്തതിലെ അനാദി ശബ്ദവും രണ്ടാമത്തിലെ അനാദി രണ്ട് തലത്തിലാണ് ഒന്ന് കാരണമില്ലാത്തത് ഇതുവരെ ഉണ്ടാകാത്തത് എന്ന മറ്റേത് ആദിമ്യാന്തങ്ങൾ ഇല്ലാത്തത് നിത്യമുള്ളത് എന്നുള്ള അർത്ഥത്തിലുമാണ് ഒരേ ശബ്ദമാണ് നിത്യമുള്ളതെന്ന അർത്ഥത്തിലും നിത്യമായി തന്നെ ഇല്ലാത്തതെന്ന അർത്ഥത്തിലും പ്രയോഗിക്കാവുന്നത് അവിടെ ഈ പേരുകളോടും പ്രതിഭയോടും ചേർന്നിരിക്കുന്ന ആരാലോ ചേർത്തുവച്ച എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ ആകുന്ന പ്രപഞ്ചം വിഷയമായിരമാം പ്രപഞ്ചം എണ്ണിയാൽ ഒടുങ്ങാത്ത നാമം എണ്ണിയാലൊടുങ്ങാത്ത സങ്കൽപ്പനങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത വിഷയം ആയിട്ടുള്ള ഈ പ്രപഞ്ചം പഞ്ചീകരിച്ചിരിക്കുന്നത് ഒരായിൽ ഓർത്തു നോക്കിയാൽ ചിന്തിച്ചു നോക്കിയാൽ ഓർക്കാൻ നേരെയുള്ളവന് മാത്രമുള്ള പണിയാ ഇത് ചിന്തിക്കാത്തതിനകത്ത് മുങ്ങിക്കുളിക്കുന്നവന് ഒന്നും മനസ്സിലാവില്ല ഒന്നും ചിന്തിക്കാതെ ഈ പ്രപഞ്ചത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്ന പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത് പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ മായാവിലാസങ്ങൾ ഒന്നും ഓരായികയാൽ ആമകുംഭംബു സമാനമായുസുടൻ ഹോമതേതും ധരിക്കുന്നതില്ലാരുമേ അതിലെ മൂല്യമുള്ളത് മാത്രം കണക്ട് ചെയ്താ പറഞ്ഞത് എടയൊക്കെ വീണ്ടും പോയിരുന്നിട്ട് വായിച്ച് ബാക്കി ചേർത്ത് പഠിച്ചുകൊള്ളുക അപ്പോൾ ഓർത്തു നോക്കുന്നവന് ചിലർക്ക് ഓർമ്മ പെട്ടെന്ന് വരും ചിലർക്ക് ചിന്ത കത്തി വരണമെങ്കിൽ നേരെ എടുക്കും ഈ പ്രപഞ്ചം സർജനം ചെയ്ത് വാസനയിൽ സംസ്കാരത്തിൽ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അപ്പുറത്ത് സാക്ഷിയായിരിക്കുന്ന ഓർമ്മ കയറി വന്നാൽ തൻ്റെ അന്വയ അന്വയവ്യതിരേകം കൊണ്ട് വ്യവച്ഛേദിച്ച് അവിടെ ഉപസംഹരിക്കും ചിലരാകട്ടെ ചെയ്ത് കഴിഞ്ഞ് വല്ലാതാകുമ്പോൾ ചിന്ത കയറി ആ ചിന്തയിൽ നിന്ന് പുതിയ സൂത്രപ്പണികൾ ബുദ്ധി കണ്ടെത്തും കഴിഞ്ഞുപോയി തടയാൻ പറ്റിയില്ല അതിത്തവണ കഴിഞ്ഞത് ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള അകലം കൊണ്ടാണ് പ്രവൃത്തി പെട്ടെന്നായിരുന്നു ചിന്തയൊപ്പെത്തിയില്ല എന്നിലെ സാക്ഷി മാറി മുഹൂർത്തത്തിലാണ് ഞാനിതിൽ വീണത് എന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്തതിൽ ഈ സാക്ഷി കയറി വരാനിടയുണ്ടാവും പക്ഷെ സംഭവിച്ചു കഴിഞ്ഞ ഞാൻ അഭിമാനം കൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും കൊണ്ട് ഇനി ഈ സംഭവിച്ചതിനനുഗുണമായി ചിന്തയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കും പണി ശരിയാണോന്ന് ആലോചിച്ച് നോക്കുക പ്രക്രിയ മനസിലായില്ല പ്രക്രിയ എങ്ങനെയൊക്കെ തന്നെയാണോ കെണിഞ്ഞു കെണിഞ്ഞു എന്ന് മനസ്സിലായി പക്ഷെ വൈകിയാണ് മനസ്സിലായത് പക്ഷെ അഭിമാനം കാരണം എനിക്ക് പരാജയം വരികയും ഇത്രയും കേമനായെനിക്ക് ഇത്രയും ബുദ്ധിമാനായെനിക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് വരികയും അത് ലോകരറിഞ്ഞുകൂട ഞാനത് നേരത്തെ ചിന്തിച്ചതാണ് ചിന്തിക്കാത്തതല്ല അതിന് വേറൊരു പ്രയോജനമുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് ഇനി ഒരിക്കലും നിങ്ങളുടെ ചിന്ത നേരത്തെ വരിക അതിൻ്റെ ശീലം മാറി ഇനി നിങ്ങളുടെ ചിന്തയെന്നും പ്രവൃത്തി കഴിഞ്ഞ് ന്യായീകരിക്കാനേ വരുള്ളൂ ഈ ജന്മം പാഴായി എന്ന് കൂടിയാ ഇത്ര കർക്കശമായി പറയുന്നത് നിങ്ങൾക്ക് ഇനിപ്പോയി നാമമൊക്കെ ജീവിച്ച് അന്ധക്കരണത്തിനെ ഒന്ന് മാറ്റിയെടുത്ത് അച്ഛനമ്മമാരെയും ആചാര്യന്മാരെയും ഒക്കെ സേവിച്ച് അവരുടെ ജാഗ്രത് സ്വപ്നങ്ങളെ അറിഞ്ഞ് മര്യാദാമസൃണമായി അസ്ഥേയ അപരിഗ്രഹാദികൾ ശീലിച്ച് സാധന അനുഷ്ഠിച്ച് സ്വഭാവം മാറ്റി അല്ലാതെ നിർത്തിയില്ല മനസ്സിലാകുന്നുണ്ടോ ഈ പണി മറ്റത് ചിന്ത പുറകെയാണോ വന്നത് ഇപ്പോഴെങ്കിലും ഞാൻ ചിന്തിച്ചല്ലോ നന്നായി നീ വേഗം മാപ്പ് പറയണം ക്ഷമിക്കണം തെറ്റിപ്പോയി എന്റെ കാവൽമാലാഖ എന്റെ സാക്ഷി എന്റെ ചൈതന്യം തമസ്സുകൊണ്ട് മറഞ്ഞ വേളയിലാണ് ഞാനത് ചെയ്തത് എൻ്റെ രജസ് അത് ശരിയാണെന്ന് ഒരു നൊടിയിടയിൽ സൃഷ്ടിച്ചു തന്നതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്നിലെ സത്വം അതിനെ സമന്വയിപ്പിച്ചതുകൊണ്ടാണ് ഞാനത് ചെയ്തു പോയത് തമസെന്നെ മറയ്ക്കുകയും രജസെന്നിൽ സൃഷ്ടിക്കുകയും സത്വം സമന്വയിക്കുകയും ചെയ്തപ്പോൾ എന്റെ സാക്ഷി ചൈതന്യം എന്റെ സാക്ഷി ചൈതന്യം മറഞ്ഞു അവിടെയാണ് ഞാനിത് ചെയ്തത് ഇത് തിരിച്ചറിയാനെങ്കിലുമുള്ള പ്രജ്ഞ കഴിഞ്ഞെങ്കിലും ഉണ്ടാകണം അപ്പോൾ പശ്ചാത്തപികം പശ്ചാത്താപ വിവശനാകുമ്പോൾ സാക്ഷി മോളിലേക്ക് വരികയും തമസ്സു മാറി നിൽക്കുകയും രജസവും സത്വവും സദ്വൃത്തികളിൽ അനുകൂലിക്കുകയും ചെയ്യും ഇതാണ് പ്രക്രിയ ഇതിന് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ലാത്തതുകൊണ്ട് കുടുംബം കൂട്ടായ്മ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന അഭിമാനമൊക്കെ കൊണ്ട് പ്രയാസമാണ് ഇനി എങ്ങാനും ഞാനങ്ങ് മാപ്പ് പറയാമെന്ന് ചേച്ചാൽ എൻ്റെ പിള്ളേര് സംഭവിക്കും ഞാനത്ര കേമനൊന്നുമല്ല പക്ഷെ പിള്ളേര് കേമന്മാരാണ് അവരുടെ അഭിമാനം നോക്കട്ടെ എന്റെ കുടുംബ മര്യാദ നോക്കണ്ടേ എന്റെ ജാതിയിൽ പിറന്നവൻ ഇന്നു വരെ ഒരാളോടും മാപ്പ് പറഞ്ഞിട്ടില്ല ഞാനത് തുടങ്ങിവെച്ചാൽ എന്റെ ജാതിക്ക് പറ്റുന്ന ക്ഷതം നോക്കണ്ടേ ഞാൻ ചെയ്യുന്ന തൊഴിലും എന്റെ സ്ഥാനമാനങ്ങളും ഇത്രയും ഉയർന്നു നിൽക്കുമ്പോൾ എന്നെപ്പോലൊരാൾ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പോലെ ആ തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം അപമാനമായിരിക്കില്ലേ ഞാനതിനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുക തന്നെയല്ലേ വേണ്ടത് മാപ്പ് പറഞ്ഞാൽ എന്നെ അവർ സാമ്രാജ്യമാകെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴില്ലേ ഞാനെങ്ങനെ മാപ്പ് പറയും ഞാൻ എങ്ങനെ പശ്ചാത്തപിക്കും എനിക്കൊരു തെറ്റും പറ്റില്ല ശരിയല്ല ശരിയല്ല നിങ്ങൾ അനുകൂലിക്കുന്നില്ല ഏ നിങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ തെറ്റുതന്നെ പറയുന്നു ഇല്ലേ എങ്ങനെ തോന്നുന്നു ശരിയാണോ ഏ അപ്പൊ സാക്ഷി മാറി നിൽക്കുന്ന വേളയുണ്ട് അതുകൊണ്ട് ഓർത്തു നോക്കില്ല എന്നാൽ ചിലര് ശീലിച്ച് ശീലിച്ച് എന്തും ഓർത്ത് ഒരു ക്ഷണനേരം കൊണ്ട് അവരുടെ ചിന്ത മുമ്പി വരും അവരേതെല്ലാം ബുദ്ധിയെ തൊടുവിക്കാതെ ചെയ്യുന്നു